മുപ്പത്തി ഒന്ന് അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത് ഇസ്രയേൽ മക്കൾക്കു വേണ്ടി മിത്യാന്യരോട് പ്രതികാരം നടത്തുക അതിന്റെ ശേഷം നീ നിന്റെ ജനത്തോട് ചേരും അപ്പോൾ മോശ ജനത്തോട് സംസാരിച്ചു മിത്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്കു വേണ്ടി മിത്യാനോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിന് ഒരുക്കുവിരുവി നിങ്ങൾ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിൽ നിന്ന് ആയിരം യുദ്ധത്തിന് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രയേലിയ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ ആയിരം പേർ വീതമുടം പന്തിരായിരം പേരെ യുദ്ധസന്നദ്ധരായി വേർതിരിച്ചു മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് ആയിരം പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലയാസാരിന്റെ മകൻ ഫിനെഹസിനെയും യുദ്ധത്തിന് അയച്ചു അവന്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീരനാഥ കാഹളങ്ങളും ഉണ്ടായിരുന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിത്യാന്യരോട് യുദ്ധം ചെയ്തു ആണുങ്ങളെയൊക്കെയും കൊന്നുവന്നു നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിത്യാന്യ രാജാക്കന്മാരായ എ വി അഞ്ചു രാജാക്കന്മാരെയും കൊന്നു ബയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു ഇസ്രയേൽ മക്കൾ മിത്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കി അവരുടെ സകല വാഹനമൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചൂട്ടുകളും അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അപഹൃദമൊക്കെയും എടുത്തു ബദ്ധന്മാരെ അപഹൃദത്തോടും കൊള്ളയോടും കൂടെ എരിഹോവിന്റെ സമീപത്ത് ോർദാനുള്ള മോവാ സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശിയുടെയും പുരോഹിതനായ എലയാസാരിന്റെയും ഇസ്രയേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നുവന്നു മോശയും പുരോഹിതൻ എലയാസാരും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിനു പുറത്ത് അവരെ എതിരേറ്റു ചെന്നുവു എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യ നായകന്മാരോട് കോപിച്ച് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു ഇവരത്രേ പേയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രയേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവാനും ഹേതുവായത് യാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവിരുഷനോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടവിച്ചു കൊൾവി നിങ്ങൾ ഏഴു ദിവസം പാളയത്തിന് പുറത്ത് പാർക്കേണം ഒരുത്തനെ കൊന്നവനും കൊല്ലപ്പെട്ടവനെ തൊട്ടവനുമെല്ലാം മൂന്നാം ദിവസവും ഏഴാം ദിവസവും തങ്ങളെയും തങ്ങളുടെ ബത്തന്മാരെയും ശുദ്ധീകരിക്കണം സകല വസ്ത്രവും തോൽകൊണ്ടുള്ള എല്ലാ കോപ്പും കോലാട്ടുരോമം കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പേണ്ടി പുരോഹിതനായ എലേ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത് ഹോവാ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമാണ് ആ വിധ പൊന്ന വെള്ളിള്ളി ചെമ്പും ഇരുമ്പും വെള്ളിയം കരിയം മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിൽ ഇട്ടെടുക്കണം എന്നാൽ അത് ശുദ്ധമാകും എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം ഏഴാം ദിവസം വസ്ത്രമലക്കി ശുദ്ധിയുള്ളവരായ ശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം പിന്നെയഹോവ മോശയോട് അരുളി നീയും പുരോഹിതനായ എലയാസാരും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തുക നോക്കി പടയ്ക്കു പോയ യോധാക്കൾക്കും സഭയ്ക്കും ഇങ്ങനെ രണ്ടോഹരിയായി കൊള്ളാം വിഭാഗിപ്പിൻ യുദ്ധത്തിന് പോയ യോദ്ധാക്കളോട് മനുഷ്യരിലും മാട് കഴുത ആട് എന്നിവയിലും അഞ്ഞൂറ്റിൽ ഒന്ന് യഹോവയുടെ ഓഹരിയായി വാങ്ങണം അവർക്കുള്ള പാതിയിൽ നിന്ന് അതെടുത്ത് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി പുരോഹിതനായ എലയാസാരിന് കൊടുക്കേണം എന്നാൽ ഇസ്രയേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്ന് മനുഷ്യരിലും മാട് കഴുത ആട് മുതലായ സകലവിധ മൃഗത്തിലും അമ്പതിൽ ഒന്നെടുത്ത് യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുക്കേണ്ട യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ാരും ചെയ്തുള്ളൂ യോദ്ധാക്കൾ കൈവശമാക്കിയതിന് പുറമെയുള്ള കൊള്ള ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആടുമിടും എഴുപത്തിരായിരം മാടുമിടും അറുപത്തോരായിരം കഴുതയും പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങൾ എല്ലാം കൂടിയൂടി മുപ്പത്തിരായിരം പേരും ആയിരുന്നു യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്കുള്ള പാതിയിലേക്ക് ആട് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് യഹോവയ്ക്കുള്ള ഓഹരി അതിൽ യഹോവയ്ക്കുള്ള ഓഹരി എഴുപത്തി രണ്ട് കഴുത മുപ്പതിനായിരത്തി അതിൽ യഹോവയ്ക്കുള്ള ഓഹരി അറുപത്തിയൊന്ന് ആൾ പതിനാറായിരം അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി മുപ്പത്തി യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ പുരോഹിതനായ എലയാസാറിന് കൊടുത്തു മോശ പടയാളികളുടെ പക്കൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചുകൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്കുള്ള പാതി മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ആടുമ്പിടും മുപ്പത്തി മാടുത്തി അഞ്ഞൂറ് കഴുതയും പതിനാറായിരം ആളും ആയിരുന്നു ഇസ്രയേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശ മനുഷ്യരിലും മൃഗങ്ങളിലും അമ്പതിൽ ഒന്നെടുത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു പിന്നെ സൈന്യസഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്ന് മോശയോട് അടിയങ്ങൾ അടിയങ്ങളുടെ കീഴുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തനും കുറഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തന് കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല കൈവള മോതിരം കുണുക്ക് കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്കുവേണ്ടി പ്രായചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മോശയും പുരോഹിതനായ എലയാസാരും വിചിത്രപ്പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം ചെയ്ത പൊന്ന് എല്ലൂടെ പതിനാറായിരത്തി എഴുന്നൂറ്റൻപത് ആയിരുന്നു യോദ്ധാക്കളിൽ ഓരോരുത്തനും താന്താനു വേണ്ടി കൊള്ളയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മോശം പുരോഹിതനായ എലയാസാരും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആ പൊന്നുവാങ്ങി യഹോവയുടെ സന്നിധിയിൽ ഇസ്രയേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി